അതിഷ്ടേ സ്വേ കര ജനവൈലമഹത്മനഷ്ടിഷ്ട ആത്മാവായ നിലകളിൽ ഏറ്റവും അനുശിഷ്ടം ഉപദേശിക്കപ്പെട്ടവരാണ് സസ്വലാശ്വര സ്വച്ഛ പരമാവസ്ഥയിൽ സ്വച്ഛമായ ശുദ്ധമായ പരമാത്മാവിനെ ഊഷ്മ പ്രതിഷ്ഠ ശിസ് ചെയ്യുന്നു തത്വത്തെ അറിഞ്ഞവൻ നടത്ത അറിഞ്ഞവനെ കുറിച്ച് സാറിന് പറയും പരമാത്മാവിൽ സ്ഥിതി ചെയ്യുന്നവരാണ് ഇതൊക്കെ സാധാരണ പ്രയാ പറയുന്നത് അവരുടെ മനസ്സിലും അജ്ഞാന സംശയങ്ങളൊന്നും ആത്മബോധത്തോടുകൂടി സ്ഥിതി ചെയ്യുന്നു പശിവൻ വരുന്നതും ആത്മബോധത്തോടു കൂടി തരുന്നു ചോദ്യങ്ങൾ ചോദിക്കുന്നതും ആത്മബോധത്തോടു കൂടി തരുന്നു ജനങ്ങളുടെ ഉപദേശങ്ങൾ കേട്ടതിന് ശേഷവും അത്മബോധത്തിൽ ആത്മബോധത്തിന് മാറ്റം ഏകരോഗയാസരീകരിച്ച സംശയം സമാന്തരം വീടശോക ശോകം ഭയം മയാസം എല്ലാം മാറിപ്പോയവനായ സുഖം ശോകമുപയോഗം മറ്റുവിധ തരത്തിലുള്ള ആയാസം വെച്ചാൽ പ്രവൃത്തി കർമ്മം ഒന്നുമില്ലാത്തവനായ രീതി യാതൊരു ചേഷ്ടവനായ ഇച്ഛയില്ലാതോ ചേഷ്ട്രേഷ്ഠായ ഇച്ഛ എന്നുള്ള അർത്ഥവും യാതൊരു സംശയം ഇല്ലാത്തവനായ അതിന് തത്വജ്ഞാനത്തിന്റെ അടയാണെന്നാണ് സംശയം ഇല്ലാതിരിക്കുന്നത് ഇപ്പൊ തത്വജ്ഞാനി സംശയമില്ല ആത്മ തത്വത്തെ സംബന്ധിച്ച് സംശയി മറ്റു കാര്യങ്ങളും സംശയമുണ്ടാകും സാധാരണ മനുഷ്യരെ പോലെ സംശയ രേഖകൾ എന്ന് പറയുമ്പോൾ താൻ അറിഞ്ഞ തത്വത്തെ സംബന്ധിച്ച് ഞാൻ അറിയാനൊന്നുമില്ല സംശയമില്ല ഭാന്തില്ല അങ്ങനെയുള്ള സുഖം അനന്തിതം സമാധ്യർത്ഥം അനന്തിതമായി എന്നുവെച്ചാൽ ഒരു ന്യൂനതയില്ലാത്തതായ സമാധിക്ക് വേണ്ടി മേരോഹോ ശിഖരം ചെല്ലാം മേരുവിന്റെ ശിഖരത്തിലേക്ക് പോകും യാതൊരു സംശയമില്ല ഞാനത് ഒരു അപ്പോർട്ടുള്ള വേദന അങ്ങനെയുള്ള ചുമതല ഈ ചിത്രത്തിന്റെ ഉപശാന്തിക്ക് വേണ്ടി സമാധി വേണം സമാധിക്ക് വേണ്ടി മേലുവിന്റെ ശേഖരത്തിലേക്ക് എന്ന് പറയുന്നത് ആണ് വാസിഷ്ഠ വേണ്ടിയാണിൻ്റെ പ്രത്യേകമായ കാഴ്ചപ്പാട് വാസിഷ്ഠകർത്താവിനെ സംബന്ധിച്ചിടത്തോളം സംശയങ്ങളെല്ലാം മാറിയാലും ഭയവിശോകം തുടങ്ങിയുള്ള എല്ലാ വികാരങ്ങളിൽ നിന്നും ഒരാൾ മുക്തനായാലും സമാധ്യർത്ഥ സമാധിക്ക് വേണ്ടി പിന്നെ പരിശ്രമിക്കുന്നു തത്വജ്ഞാനത്തിന് ശേഷം ഞാൻ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം വയന്തു സമാധി ചോദ്യം ഞാനി പറയുകയും സമികൾപ്പെധി നരവികൾക്ക് സമാധി സമാധികളാണ് നിലവികൾക്ക് അസമാധിയാണ് രക്ഷിക്കും അതിനു വേണ്ടിയിട്ട് പറഞ്ഞു അപ്പോൾ തത്വജ്ഞാനത്തിന് ശേഷം സമാധി എന്നുള്ള ആ ആശയം ഇവിടെ വളരെ സ്പഷ്ടമാണ് അങ്ങനെ ഒരു ആശയമാണ് വാസിഷ്ഠത്തിൽ പറയും ഇനി സമാധി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഇതർത്ഥമാണ് അടുത്ത് പറയും സമാധി എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയും സമാധിയുടെ അർത്ഥവ്യത്യാസം ഇവിടെ സമാധി എന്ന് പറയുമ്പോൾ ഞാനുണ്ട് കാരണം എല്ലാ സംശയവും നിൽക്കുന്ന ആള് സമാധിക്ക് വേണ്ടി എന്നാ പറയുന്നത് ജ്ഞാനത്തിന് വേണ്ടിയല്ല ജ്ഞാനമുണ്ടിന്ന സംശയനാണ് സമാധി എന്ന് പറയുമ്പോൾ സമാധി വേറെയാണ് യോഗികൾ പറയുന്നത് സമാധി ചിലടത്ത് പറയും ഇനി വരുന്ന ഭാഗത്ത് സമാധി എന്ന് പറഞ്ഞാൽ അന്തരിചിതം അത് ആവർത്തിച്ചു പറയുന്നതായിരുന്നു ഗുരുവിന്റെ ഉള്ളിലുണ്ടാകുന്ന ശീതളതെന്ന് പറയും ഒരു തണുപ്പ് എന്ന് പറയും ശരി അപ്പോ ഉള്ളെന്താ തണുപ്പോ തണുപ്പല്ലല്ലോ അപ്പോ ഉള്ളിലുണ്ടാകുന്ന ശാന്തി സമാധാനവും ഒക്കെയാണ് സമാധി എന്നും ഇനി പറയും അതിനു വേണ്ടി ഇവിടെ പോകുന്നു ഇവിടെ പക്ഷെ അതൊക്കെ അല്ല പറയുന്നു കാരണം ഉള്ളിലുണ്ടാകുന്ന ശാന്തി സമാധാനമാണെങ്കിൽ അതിപ്പോ ജനകൻ ഉണ്ടല്ലോ ജനകൻ തത്വം ഞാനിയല്ലേ ജനകൻ നേരെ നിറവു പോയോ തമസന സമാധിക്കുവേണ്ടി അപ്പൊ ഇവിടെ സമാധി എന്ന് പറഞ്ഞാൽ വിശദീകരിക്കും സമാധിയും പല ഇതും വരൻ ബ്രഹ്മവിദ്വരൻ ബ്രഹ്മവിദ്വരിയാ ബ്രഹ്മവിദ്വരിഷ്ട ഇങ്ങനെയൊക്കെ ഇവിടെ വിശദീകരിക്കും സമാധിയുടെ പല പല തലങ്ങൾ അവസാനം ഒരാളെ വിളിച്ചുണർത്തിയാലും ഉണരാത്ത സമാധി ഒരിക്കലും ഉണരാത്ത സമാധി ആർക്കും ഉണർത്താൻ കഴിയാത്ത സമാധി ശരീരം നശിച്ചു സമാധി അങ്ങനെ ഒരു സമാധിയും വിശദീകരിക്കും അങ്ങനെയുള്ള സമാധിയെ വെച്ച് ാണ് നിങ്ങൾ സാറിന് പറയുന്നത് എന്താണ് സ്വാമി സമാധിയായി എന്നൊക്കെ പറയും ഇങ്ങനെ വാസകൃഷ്ണത്തിനും മറ്റേ സമാധിയെ കുറിച്ച് പറയുന്നുകൊണ്ടാണ് ബ്രഹ്മവിദ് വരിഷ്ഠൻ പിന്നെ ഉണരുന്നേ ഇല്ല വ്യവഹാരങ്ങളിലേക്ക് മറ്റൊരാൾ വിചാരിച്ചാലും അത് കഴിയുന്നില്ല അങ്ങനെ ഒരു സമാധിയിൽ തന്നെ സ്ഥിതി ചെയ്തുകൊണ്ട് മരിക്കുന്നു അതാണ് ലക്ഷ്യം അതായിരിക്കണം ജീവിതത്തിന്റെ ലക്ഷ്യം എന്നുള്ള ആ വാശിഷ്ടത്തിന്റെ കാറ്റുപാടിനെക്കുറിച്ചാണ് പറയുന്നത് സ്വാമി സമാധിയായെന്ന് വെച്ചതിന്റെ അർത്ഥം കൊണ്ടാണ് വെന്റിലേറ്റർ കിടന്നിട്ടല്ല അസുഖമായി കടന്നിട്ടല്ല അല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ച് എഴുന്നേപ്പിച്ചിരുത്തിയിട്ടല്ല അങ്ങനെ ഏതെങ്കിലും തരത്തിലല്ല മറിച്ച് ആ വ്യക്തി സമാധിയിരിക്കുമ്പോ സമാധിസ്ഥനായിരിക്കുമ്പോ കോമിയല്ല വേണ്ട കോമി കടന്നിട്ട് മരിക്കുന്നുണ്ട് സമാധിയിൽ അയാള് ഇരുന്നുകൊണ്ട് തന്നെ കിടന്നു മരിക്കണെങ്കിൽ അത് കോമാ ഇരുന്ന് മരിക്കണെങ്കിൽ സമാധി ആ വ്യത്യാസം എന്ന് വെച്ചതായി കിടന്ന് മരിക്കത് സമാധിയാണെന്ന് പറയുന്നത് കാഷികാരൻ പറയുന്നത് വരുമ്പോൾ സുഹൃത്തുക്കൾ സമാധി ഇരുന്നുകൊണ്ട് തന്നെ സാധിക്കും കിടന്നുകൊണ്ട് കടന്നു പോയാൽ മനസ്സിലായിക്കൊള്ളു എന്തോ അസുഖമാണ് സമാധ്യമ ഓമയിലെ പോയാലും അതിനെ വിളിച്ചറിയില്ല എത്രയോ പേരങ്ങനെ വരും അതൊന്നും അല്ല സമാധി സമാധി എങ്ങനെയാണോ ശീലിക്കുന്നത് അത് ഭാഷകാലം പറയ കിടന്നുകൊണ്ട് ശീലിക്കാൻ പറ്റിയില്ല പിന്നെ നടന്നുകൊണ്ട് പറ്റിയിട്ടില്ല നിന്നുകൊണ്ട് പറ്റിയിട്ടില്ല ുകൊണ്ട് തന്നെ ശീലിക്കും ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്യണം അങ്ങനെ ഇരുന്നുകൊണ്ട് ശീലിക്കുമ്പോൾ മനസ്സ് സമാധി അവസ്ഥയിലേക്ക് പോയി പ്രപഞ്ചത്തി സ്വീകരിച്ച് പ്രപഞ്ചപൂലം നഷ്ടപ്പെട്ടു ശരീരത്തെ വെട്ടിയാലും കുക്കിയാലും അറിയാതെ വന്നിട്ട് ശരീരം നശു അന്നുകൊണ്ട് നശിക്കുമ്പോൾ പിന്നിട്ട് ആഹാരം വെള്ളം വായു ഒന്നും അങ്ങോട്ട് പോകുന്നില്ല പ്രവേശിക്കുന്നില്ല ശ്വാസോച്ഛ്വാസം തന്നെ ചോദി നമ്മുടെ ശരീരം പ്രവർത്തിക്കാതെ ബ്രഹ്മ മനുഷ്യ ശരീരം നശു അങ്ങനെ ഇത് ഇതുവേർന്ന പരിപാടിയുണ്ട് ഇതൊന്നുമല്ല മത്തി ഉണക്കുന്നത് പോലെ ഉപ്പും ചാമ്പലും എല്ലാം കൂടെ ആയിട്ട് സമാധിയിരുത്തുന്ന ഒരുപാട് എന്തിനാണ് ചെയ്തെന്നുള്ളത് എന്താ ഇത് ചെയ്യുന്നത് ചെയ്തത് പഴയ ഗോത്രങ്ങളുടെ ആചാരമാണ് പല ഗോത്രങ്ങളിലും അവര് മമ്മിയെ സൂക്ഷിക്കുന്നുണ്ട് അവർക്കിഷ്ടമുള്ളവര് മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ശരീരം ചെയ്യാളിഞ്ഞ് നാശമാവും അറിയാം അതുകൊണ്ട് അവര് കണ്ടുപിടിച്ചൊരു സൂത്രപ്പണിയാണ് ഈ ശരീരം ഒന്നും നശിക്കാതെ സൂക്ഷിക്കുക പിന്നെ ഇന്ന് ചില പണക്കാർ എന്താ ചെയ്തു പോലെ ഒരുപക്ഷെ അവർ ജെ ജയിക്കഴിഞ്ഞാൽ വീണ്ടും ജനിച്ചാലും ശരീരം കേടു കൂടാതെ കണ്ടെത്തി ചില രാജ്യങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കാതെ അടങ്ങിയിട്ട് എല്ലാവർക്കും പുറത്തെടുത്ത് മക്കളെല്ലാം കൂടെ ചേർത്ത് ഇത് സെൽഫി എടുക്കും പുതിയ ഉടുക്കൊക്കെ കഥയല്ല പുതിയ വാച്ച് ഒക്കെ കെട്ടി സെൽഫി എടുത്തിട്ട് വീണ്ടും പെട്ടിക്കാത്ത അങ്ങനെ ഉണങ്ങി സമാധിയിൽ നിന്നും എല്ലാവർക്കും ഒരു സന്തോഷം അവരോടൊപ്പം ഒരു സെൽഫി എടുക്കുക വീട്ടിലെ നമുക്കേണ്ട ഇഷ്ടം പോലെ സെൽഫി സാധാരണ മനുഷ്യര് ഇവിടെ അറിയില്ല സാധാരണ മനുഷ്യര് അവരൊരു രാജ്യത്ത് സ്ഥിരം പരിപാടിയാണ് ആരും ഭരിച്ചു കഴിഞ്ഞാൽ ഒരു വണ്ടിയിലടക്കണം അത് കഴിഞ്ഞിട്ട് വർഷം കഴിയും ഉണങ്ങി ഉണങ്ങിയിരിക്കും ഉണങ്ങാതിരിക്കും ഉണങ്ങാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടോന്നറിയില്ല അത് അവര് എല്ലാവർക്കും പുറത്തെടുത്ത് എല്ലാവരും സംശയത്തിന്റെ അവർക്ക് മനുഷ്യ ഒരു സങ്കട ഇവിടെ ഓരോ മനുഷ്യന്റെ പരാക്തമായ മനുഷ്യരുടെ ഓരോ ആചാരങ്ങളിലാണ് ഈ ചാമ്പൽ ഉപ്പ് കൊണ്ട് ഇങ്ങനെ ഇരുത്തുന്ന അല്ലാതെ യാതൊരു കാര്യ ഏ സാധാരണ സാറിന്റെ മനുഷ്യൻ ചോദിച്ചാ മനസ്സിലായില്ല ചോദ്യം എനിക്ക് മനസ്സിലായി സാറിന്റെ മനുഷ്യൻ മരിക്കുന്നതാ സാറിന് മനുഷ്യൻ ഭരിക്കുന്ന കാര്യമാണോ ചോദിച്ചത് ഏർ മനുഷ്യൻ മരിക്കുന്നത് ഭാഗത്തു നിന്ന് പോയാൽ മരണം സാറിന് അങ്ങനെ മരിക്കും ചിലരുടെ ആക്സിഡന്റ് മരിക്കും ചിലര് വിഷം കഴിച്ചു വരും ചിലർ തൂങ്ങിച്ചാവും പലതരത്തില സാധാരണ മറ്റും എങ്ങനെ പറഞ്ഞു അതിന്റെ രീതിയിൽ പറയാൻ പറ്റുന്നു പലതരത്തിൽ മറ്റും മരിക്കാറുണ്ട് അതി പ്രത്യേകിച്ച് ഒന്നുമില്ല ശരീരം ഒന്ന് കണ്ടെന്ന് മരിക്കും നമുക്കറിയാം എന്നുള്ള ഡോക്ടർ പറയും മരിച്ചെന്ന് അത്ര പരിശോധിച്ചോ ഡോക്ടർ പറയും മരിച്ചു മരിച്ചതിന് ശേഷമുള്ള കാര്യോ ചോദിക്കുന്നത് സമാധിയാണ് സമാധി എന്ന് പറയുന്ന ഞാനിതുവരെ പറഞ്ഞോണ്ടി വന്നു സാധാരണ മനുഷ്യർക്ക് മരിക്കുന്നു സ്വാമിമാര് ഹാർട്ട് അറ്റാക്ക് വന്ന അതാണ് സമാധി ൂ സാധാരണ മനുഷ്യന് മരിച്ചുപോയെന്ന് പറയും സാധാരണ മനുഷ്യന് ഹാർട്ട് അറ്റാക്ക് വന്നാൽ മരിച്ചുപോയെന്ന് പറയും സ്വാമിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നാൽ സമാധി എന്ന് പറയും പട്ടി മരിച്ചുപോയാൽ ചത്തം പറയും ആന മരിച്ചു പോയാൽ ചരിഞ്ഞെന്ന് പറയും ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസം വേറെ വ്യത്യാസം പലതരം പല താമരടുത്ത് ഉപ്പിലിടും മറ്റേത് പൊഴിച്ചിടുകയോ കത്തിക്കുകയോ എന്തെങ്കിലും വേറെ ഒരു കാര്യ ഇനി ആർക്കെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും സമാധിയാവാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് പറഞ്ഞാ കൊള്ളാം എന്റെ അറിവില് ഇത്രയൊക്കെ ഉള്ളു സമാധി എന്ന് എല്ലാവരും ഭരിക്കുന്നു അത്ര ഞ്ഞതിനകത്തുന്ന് പിന്നെ കുറെ ഇതിനെയൊക്കെ ചുറ്റിപ്പറ്റി കുറെ മനുഷ്യന്റെ അന്ധവിശ്വാസങ്ങളാണ് അതിനപ്രഹനകത്തുന്ന് അല്ലാതെ ഇവിടെ പറയുന്നത് പറയുന്നു ഈ ശാസ്ത്രജ്ഞർ പറയുന്നിങ്ങനെയൊക്കെ വരം തരികയാണ് ആ സമാധിയെ കുറിച്ചാണ് പറയുന്നത് ഭാഷകാരണം പറയുന്നുണ്ട് എങ്ങനെ പ്രാണനെ ഹൃദയത്തിൽ അപേക്ഷിച്ച് ഉപാസനം അവിടെ നിന്ന് നേരെ നാടികളിലൂടെ മൂർധാവി കൊണ്ടുപോയി അത് ഉപാസകനാണ് എല്ലാവർക്കും പറ്റത്തില്ല അതുവഴി നേരെ ബ്രഹ്മലോകത്തിലേക്ക് പോകുന്ന ഒരു പോക്കമുണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഉപാസകൻ ഇവിടെ മരിക്കുന്നു മൂർദാവിടെ ജീവൻ പരലോകത്തിലേക്ക് പോകുന്നു അതിനെ നമുക്ക് സമാധി എന്ന് പറയാം അതിന് സമാധി എന്ന് പറയാൻ കാരണം സമാധി എന്ന് വെച്ചാൽ ഏകാഗ്രത ആ ഏകാഗ്രതയിലൂടെ തന്റെ പ്രാണനെ അങ്ങനെ മുർതാവിനെത്തിച്ച് അതുവഴി പരലോകത്തിലേക്ക് പോകുന്നോണ്ട് സമാധിയിലൂടെ പോകുന്നോണ്ട് അതിന് സമാധി എന്ന് പേര് അത് ഭാഷകാരനും അംഗീകരിക്കുന്ന കാര്യങ്ങളും പക്ഷെ അങ്ങനെയൊന്ന് മുക്തിക്കുള്ള മുഖ്യ ഉപായമായി സ്വീകരിക്കുന്നത് അങ്ങനെയുള്ളൂ വ്യത്യാസം അല്ല ഭാഷകാരനെ സമാധി അംഗീകരിക്കാത്ത ആളൊന്നും പറഞ്ഞു ഗീതയില് സമാധി ശബ്ദം വരുന്നുണ്ട് യോഗ ശബ്ദം വരുന്നുണ്ട് യോഗ ശബ്ദത്തിനൊക്കെ സമാധി എന്ന് തന്നെ അർത്ഥം പറയും പക്ഷെ അത് എന്താണ് എന്ത് സമാധിയാണ് ഈ പറയുന്നതൊക്കെ യോഗ എന്ന് പറയുന്നതിന്റെ സന്ദർഭത്തിൽ പറയണമെങ്കിൽ അവിടെ സമാധി എന്ന് പറഞ്ഞാൽ ഈ ഉത്തരായണ മാർഗത്തിൽ ഇവിടെ പോകുന്നതിനെയാണ് സമാധി എന്ന് പറയുന്നത് അവിടെ മനസ്സിന്റെ ഏകാഗ്രതയും അതിലൂടെയുള്ള ജീവൻ പുറത്തു പോകുന്നതന്നെയാണ് സമാധി അവിടെ ഭക്ഷ്യകാര സമാധി അംഗീകരിക്കുന്നു ഗീതയിൽ തന്നെ പറയുന്നു പിന്നെ സമാധി എന്ന് പറയുന്നതിന് അന്ധകർണവും അർത്ഥം പറയുന്നു സമാധിക്ക് ആത്മാവ് എന്നർത്ഥം പറയുന്നു സമാധിക്ക് ഏകാഗ്രത എന്നർത്ഥം പറയുന്നു പിന്നെ സമാധി യോഗം കാരണം ഗീതയിൽ ആനാ അധ്യായത്തിന് മറ്റൊരു യോഗത്തെ കുറിച്ച് പറയുന്നുണ്ട് ആസംഗത്തിന്റെ ഒരു മനസ്സിനെ ഏകാന്തരമാക്കുന്ന യോഗം റൂർ മധ്യേ പ്രാണമാവേശിച്ച് സമീപം എന്നൊക്കെ പറയുന്നത് ആ യോഗത്തിനും ഭക്ഷ്യത അംഗീകരിക്കുന്നുണ്ട് അവിടെയൊക്കെ സമാധി സ്വീകരിക്കുന്നുണ്ട് അല്ലാ സമാധി സ്വീകരിക്കാത്ത ആളല്ല പല സന്ദർഭങ്ങളിലും സമാധി അംഗീകരിക്കുന്നുണ്ട് പിന്നെ വ്യത്യാസം ഏ അതായത് ഭക്ഷ്യക്കാരൻ ഒരിക്കലും പതഞ്ജലി പറയുന്നതായ സംപ്രജ്ഞാത സമാധി അസംപ്രജ്ഞാത സമാധി ഇതിനെ അംഗീകരിക്കുന്നുണ്ട് മോക്ഷസാധനമായിട്ട് ചിത്തപിടുത്തി നിരോധത്തെ അംഗീകരിക്കുന്നു വാശിഷ്ടത്തിനും മറ്റും പറയുന്ന സവികല്പ സമാധി നിർവികല്പ സമാധി അതിനെയും പരാമർശിക്കുന്നു ഇതൊന്നും അംഗീകരിക്കുന്നു സമാധി എന്ന് പറയുന്നത് ഈ പറയുന്ന ഉപാസനയിലൂടെ മൂർധാവിനൂടെ പോകുന്നത് അതൊരു വൈദിക ഉപാസനയുണ്ട് അങ്ങനെയാണ് ഭാഷകാരൻ പറയും ഉത്തരായണ മാർഗത്തിലൂടെ പോകുന്നു അത് അംഗീകരിക്കുന്നു അതുപക്ഷെ സദ്യവും മുക്തിയല്ല മുക്തിക്ക് സാധനമായതിലേക്ക് ഭാഷകാരൻ മുഖ്യമായി നിർദ്ദേശിക്കുന്നു ഇതിനെയൊക്കെ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ ജ്ഞാനം കൊണ്ട് മുക്തി എന്ന് പറയുന്നത് തന്റെ സിദ്ധാന്തത്തിന്റെ വിരോധം അതുകൊണ്ട് ഇവിടെ ജീവിച്ചിരിക്കുമ്പം തന്നെ മുക്തി വേണമെങ്കിൽ ജ്ഞാനം കൊണ്ട് മുക്തി എന്നുള്ള സ്വീകരിക്കുന്നു അത് പോയിട്ടല്ലേ മുക്തനാണ് അതുകൊണ്ട് ഭാഷകാരൻ വളരെ കൃത്യമായി തന്നെ ഈ സമാധിയെ പറയുന്നുണ്ട് ഒരിടത്ത് സമ്പ്രജ്ഞാ സമാധി അസംപ്രജ്ഞാത സമാധി എന്ന് പറയുന്ന യോഗിയുടെ സമാധി സ്വീകരിച്ചിട്ടേ ഇല്ല സവികൾക്ക് സമാധി നിറവികൾക്ക് സമാധി സ്വീകരിച്ചിട്ടില്ല കാരണം അതിനങ്ങോട്ട് മാറ്റിയാണ് അശിഷ്ടത്തിന് മറ്റും മാറ്റിയാണ് സങ്കല്പ അതൊക്കെ മോക്ഷത്തിന് അതുകൊണ്ടാണ് സാധിക്കേണ്ടത് ഇക്കാര്യം അംഗീകരിച്ചിട്ടുണ്ട് സമാധിക്ക് ഈ പറയുന്ന പോലെ പല അർത്ഥം പറഞ്ഞിട്ടുണ്ട് കൂടുതലും ഭാഷയകാരൻ സമാധി ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത് സമാഹിതൻ ഏകാഗ്രതയുള്ളവനെന്നുള്ള അർത്ഥത്തിലാണ് ഇതിനും തന്നെ സമാധി ചിത്തശുദ്ധിക്ക് കാരണമാണെന്ന് പറയുന്നു ഏകാഗ്രത കൊണ്ട് മനസ്സിൻ്റെ സമാ ബെമാരികളോടുകൂടിയ ഏകാഗ്രത അത് ചിത്രത്തിന്റെ ശുദ്ധിക്ക് കാരണമാണെന്ന് പറയുന്നത് അപ്പൊ ഏകാഗ്രതയെ അംഗീകരിക്കുന്നുണ്ട് ഏകാഗ്രതാരൂപത്തിലുള്ള സമാധി അത് തത്വജ്ഞാനത്തിന് കാരണമായി അങ്ങനെ നേരിട്ടല്ല പരമ്പരയെ കാരണമായി മനസ്സിന്റെ ഏകാഗ്രത ഉണ്ടാക്കി മനസ്സിന് ശുദ്ധിയുണ്ടാക്കി അതിലൂടെ ഒരാൾക്ക് തത്വജ്ഞാനത്തിന് കാരണമായി തീരും തത്വജ്ഞാനം സമാധിയിലൂടെ എന്നുള്ള കാര്യമാണ് അംഗീകരിക്കുക തത്വജ്ഞാനം എങ്ങനെ ഉണ്ടാകുന്നു നിർവൃത്താഹി ബ്രഹ്മാവഗതി ബ്രഹ്മസൂത്രത്തിൽ പറയും അതിൽ വേദാന്ത ശ്രവണത്തിലൂടെ അല്ലെങ്കിൽ വേദാന്ത വിചാരത്തിലൂടെ എത്തിച്ചേരുന്ന തത്വം ഞാനുണ്ടാവുന്നത് അത് വേദത്തിൽ നിന്ന് തന്നെ ഉണ്ടാവുള്ളൂ ഉപനിഷത്തിൽ നിന്ന് തന്നെ ഉണ്ടാവുള്ളൂ ഇക്കാര്യത്തിൽ ഭാഷകാരെന്ന് പറയാനുള്ള നിർബന്ധമാണ് അതിന് സഹായകമായ രീതിയിൽ അന്ധക്കരണത്തിന് ഏകാഗ്രതയൊക്കെ ശീലിക്കാം യോഗമൊക്കെ ശീലിക്കാം അതുകൊണ്ട് അഷ്ടാംഗ യോഗത്തെ അംഗീകരിക്കുന്നുണ്ട് ഭാഷകാര് പിന്നെ ഈ പറയുന്നത് പോലെ എന്താണ് ഒരാൾക്ക് തത്വനിശ്ചയം വന്നയാളല്ല സമാധിക്ക് വേണ്ടി പർവ്വതത്തിൽ പോവുക അതേത് പർവ്വതം എന്നേര് പർവ്വതത്തിൽ പോവാന്ന് പറയുന്ന ഒരു ആശയത്തെ പാട്ടുകാരെ സ്വീകരിക്കുന്നു നിങ്ങൾക്ക് തത്വജ്ഞാനം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വേരുപർവ്വതത്തിൽ പോവാ അവിടേക്ക് പോയി കാണാൻ വേണ്ടിയിട്ട് കാണാൻ തന്നെ രസമുണ്ട് ണെങ്കിൽ കുറച്ച് കയ്യിൽ കാശൊക്കെ വേണം കാശൊക്കെ ഉണ്ടെങ്കിൽ പോയി അവിടെയൊക്കെ കാശ് കൊണ്ടുപോകുന്നതാണെന്നുള്ളത് കാശില്ലാതെ ഒരുപാട് കഷ്ടപ്പാടാം ഒരുപാട് ദുരിത സഹിക്കേണ്ടി ഞാൻ കാശില്ലും പോയി ദുരിത സഹിക്ക് കാശോട് പോയി എൻജോയ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് രണ്ടും എനിക്ക് അനുഭവമുണ്ട് അതുകൊണ്ട് ഇമാരേ പോയി എൻജോയ് ചെയ്യണമെങ്കിൽ എന്ത് വേണം പോക്കറ്റില് കാശ വേണം അല്ലെങ്കിൽ കഷ്ടപ്പെടാം എന്നെ കഷ്ടപ്പെടുമ്പോൾ നമ്മള് വന്നു വിചാരിക്കും ഇതൊക്കെ ഒരു സുഖമാണെന്ന് വിചാരിക്കും അത്രേയുള്ളൂ അങ്ങനെയൊക്കെ പോയി കാണാമെന്നുള്ള അല്ലാതെ ഈ പറയുന്നവരെന്താണ് തത്വജ്ഞാനത്തിന് ശേഷം വിവാഹ എല്ലാം പോകാന്ന് പറഞ്ഞ ഒരാശയം സമാധിക്കും അല്ലാതെ പോവാ അങ്ങനെ ഒരാശയം കോശകാരനില്ല അല്ല തത്വജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് സമാധിയൊന്നുമല്ല ഇപ്പൊ പറഞ്ഞല്ലേ തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ബോധം ആണ് തത്വജ്ഞാനം കറക്റ്റ് ആയിരിക്കണം അതിന് സമാധിയുടെ ആവശ്യം അതുകൊണ്ട് ശ്രവണം കൊണ്ട് തന്നെ ബോധം ഉണ്ടാവും എന്നാണ് പറയുന്നത് തത്വമസിന്ന് കേട്ടാൽ തന്നെ ഒരാൾ ബോധം ഉണ്ടാകും അങ്ങനെ ബോധം ഉണ്ടാകുമ്പോൾ ബോധം കെട്ടുബോധത്തോന്നുമില്ല ബോധം കെട്ടുപോയാൽ സമാധി എന്ന് പറയാം അങ്ങനെ ബോധക്കേടൊന്നും വരത്തില്ല ബോധത്തോടുകൂടി തന്നെ ഇരുന്ന് ഇരിക്കുന്നാണ് ജ്ഞാനം എന്ന് പറയുന്നത് ബോധം കെട്ടുപോയാൽ സമാധിടെ വ്യത്യാസം ഭാഷകാരൻ പറയും ഭാഷകാരൻ പറയുന്നതാണേ പിന്നീട് എന്നോട് അങ്ങനെ സ്വാമി അങ്ങനെ പറഞ്ഞില്ലേ എങ്ങനെ പറഞ്ഞില്ലേന്ന് ചോദിക്കാം ഇപ്പൊ ഭാഷകാരന്റെ അഭിപ്രായം പുറത്തിറങ്ങി പറയുകയും ചെയ്തു ആ സ്വാമി ഞങ്ങളെങ്ങനെ പഠിപ്പിച്ചു ഭാഷകാരന്റെ അഭിപ്രായമായിട്ടാണ് ഞാൻ പറയുന്നത് അത് ഇടയ്ക്ക് ഭാഷയത്തിൽ നോക്കിയാൽ അത് അവിടെ വ്യക്തമായിട്ട് ജീവിച്ചിട്ടുണ്ട് അല്ലാതെ തത്വജ്ഞാനം എന്ന് പറയുന്നതിനാൽ ഈ ബോധം പോകുന്ന സമാധിയല്ല പ്രപഞ്ച ബോധം നഷ്ടപ്പെടുന്ന ഒന്നും സംഭവിക്കുന്നുണ്ട് പ്രപഞ്ചബോധം നഷ്ടപ്പെടണമെങ്കിൽ എന്ത് വേണം ഈ പറയുന്ന പതഞ്ജലി പറഞ്ഞ സമാധി സമാധി അല്ലെങ്കിൽ ഉറക്കം അല്ലെങ്കിൽ മൂർഛ അല്ലെങ്കിൽ മരണം ഇതൊക്കെ സാധിക്കുന്നു അല്ലെങ്കിൽ സെഡഷൻ അങ്ങോട്ട് പറയുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു പക്ഷെ ഈ ഗ്രന്ഥകാല പറയുന്നു സമാധിക്ക് വേണ്ടി സമാധ്യർത്ഥം ഞാനീ ഹിമാലയത്തിൽ പോകണം എന്ന് പറയും അത് അങ്ങനെ നമ്മൾ സമാധിയിൽ പോയി നോക്കുക ഹിമാലയത്തിൽ പോയി സമാധി ശീലിച്ചു നോക്കുക നമുക്ക് പറ്റുമെങ്കിൽ പോകുന്നവർക്കും ഇപ്പൊ പ്രയോജനം ഉണ്ടെന്നാണ് പറയുന്നു ഇവിടെ ഇപ്പൊ പറയുന്നതാണ് ഭാഷകാരൻ സമാധിക്ക് ജ്ഞാനവും അർത്ഥം പറയുന്നുള്ളൂ കേട്ടോ ഇത് ഈ പറയുന്നതൊക്കെ എന്താണോ ഗീത ഭാഷ സമാധിക്ക് ജ്ഞാനവും അർത്ഥം പറയുന്നു ഈ സമാധി എന്നുള്ള വാക്കൊക്കെ എടുത്തപ്പോൾ പറയുമ്പോ ഓരോ സന്ദർഭത്തിലും അതിന് എന്ത് അർത്ഥമാണ് പറയുന്നത് എന്നുള്ളതിനാണ് പ്രാധാന്യം വാക്കിനർത്ഥം സമാധി ഉണ്ടോ ഇല്ലയോ സമാധി എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ സമാധി എന്ന് പറയുന്ന ശബ്ദത്തിൽ നമ്മൾ എന്തർത്ഥമാണ് ഉപേക്ഷിക്കുന്നത് അതാണ് പ്രാധാന്യം ആ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചോദ്യത്തിന് ഉത്തരം പറയാൻ തപ്പെനിക്ക് സമാധി വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമാധി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് തിരിച്ചു സമാധി കൊണ്ട് ഞാനെ സാധ്യമാകുമെന്ന് ചോദിച്ചാൽ തിരിച്ചു പോയിട്ടുണ്ട് സമാധി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കിയിരുന്നത് അതനുസരിച്ച് സാധ്യമാണെന്നും അല്ലെന്നും പറയാം സമാധികൊണ്ട് സമാധി എന്ന് പറയുന്നത് ജ്ഞാനത്തിന് കൊടിയേ തീരുമെന്ന് പറയാം അങ്ങനെ പറഞ്ഞാൽ സമാധിയുടെ അർത്ഥം എന്തായിരിക്കും മനസ്സിന്റെ ഏകാഗ്രത അത്രയേ ഉള്ളൂ വെച്ചാൽ സമ്പ്രജ്ഞാതവും അസംപ്രജ്ഞാതോ അല്ല അത് പ്രത്യേകം മനസ്സിലാക്കും ഭാഷ്യകാരൻ തള്ളിക്കളയുന്നത് എന്താണോ നിങ്ങൾ സമാധിക്ക് സമ്പ്രജ്ഞാതം അസംപ്രജ്ഞാതം എന്നൊരു അർത്ഥം പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത് അല്ലാ സമാധി എന്ന് പറയുന്നതിന് കൂടി വിരോധമൊന്നുമില്ല അവിടെയാണ് പ്രശ്നം വരുന്നത് ആ സമ്പ്രജ്ഞാത അസംപ്രജ്ഞാത സമാധി എന്ന് പറയുന്നിടത്ത് പറഞ്ഞല്ലേ നമ്മള് സമാധി എങ്ങനെ ധരിച്ചിരിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് അതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ധരിച്ചിരിക്കുന്നു ഞാൻ ഈ പറയാൻ ശ്രമിക്കുന്നു അതിനെ സംബന്ധിച്ച് എന്താണ് ചോദ്യങ്ങൾ സ്വയം തന്നെ ഉത്തരം മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിട്ട് സമാധി എന്ന് പറയുന്നതിന്റെ അർത്ഥം എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഈ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയേണ്ട കാര്യമില്ല അത് ഇപ്പൊ സ്വയം തന്നെ ഉത്തരം പറയുന്നില്ല ആരോട് ചോദിക്കേണ്ട കാര്യമില്ല സമാധി ശബ്ദത്തിന് എന്താ അർത്ഥം പറയുന്നത് സമാധു നവിതീയത സമാധി അവിടെ സമാധി എന്ന് പറയുന്നതിന് വാഷിക അന്ധകരണമെന്ന പറഞ്ഞു സമാധിന്റെ അർത്ഥം മനസ്സിലാക്കത്തില്ലേ ചോദ്യം ചോദിക്കാം പറഞ്ഞ് സമാധിന്റെ അർത്ഥം ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് ഉത്തര സ്വയം കണ്ടുപിടിക്കുകയാണ് എന്നെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയും വീണ്ടും ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുക ആദ്യം നിങ്ങളൊരു സമാധി എന്നുള്ള വിഷയത്തെ കുറിച്ച് ചോദിച്ചു ചോദിക്കുമ്പോൾ നമ്മുടെ എന്തർത്ഥമാണ് എന്ന് ചിന്തിക്കും എന്നിട്ട് പിന്നെ എന്റെ അല്ലെങ്കിൽ വെറുതെ നമ്മളിങ്ങനെ ചോദ്യമന്ത്രമായിട്ട് സമയം പോകുന്നു എന്റെ സമാധ്യർത്ഥം എന്ന് പറയുമ്പോ ഇവിടെ പറയുന്ന സമാധി എന്താണ് ഭാഷകാരൻ നിരാകരിച്ച സമാധി ഭാഷകാരൻ തള്ളിക്കളഞ്ഞ സമാധി എന്ന് മനസ്സിലാക്കും നിന്റെ അന്തർവീൽ സമാധി ഭാഷകാരൻ അത് അറിയുന്ന കാരണം ഭാഷ്യക്കാരുടെയാണ് അദ്വൈതത്തിന്റെ പരമ ആചാര്യനായി സ്വീകരിച്ചിരുന്നത് അദ്വൈതത്തിൽ ആ ഒരു സ്ഥാനം മൂഢബോധാചാര്യങ്ങൾക്ക് പോലും ഇല്ല മൂഢബോധാചാര്യാണ് ഭാഷ്യക്കാരുടെ മുമ്പുള്ള ആളാണ് പക്ഷേ അദ്വൈതം എന്തെന്ന് വ്യക്തമാക്കിയാണ് നമ്മുടെ ബോധാചാര്യല്ലാഷകാരൻ അപ്പോൾ അദ്വൈതത്തിന്റെ ആചാര്യനായിട്ടുള്ള സ്ഥാനം ഭാഷകാരന് തന്നെയാണ് നമ്മുടെ ഭാഷകാരന്റെ അഭിപ്രായത്തിൽ തന്നെ പ്രാധാന്യം കൊടുക്കേണ്ടത് അദ്വൈതത്തെ സംബന്ധിച്ച് ഷികാരൻ ഒരിടത്തും പരാമർശിച്ചിട്ടുള്ള സമാധി എന്താന്ന് എന്തുകൊണ്ട് പറഞ്ഞു ആണ് അടുത്ത് പറയുന്നത് തത്ര വർഷസഹസ്രാണി നരവികല്പ സമാധിത്വമാണ്മാസ ശശാമാസവും അശ്വേത്തിനു ശശാമം അസം ആത്മ ആത്മനി തത്ര ദശ വർഷ ദശവർഷസഹസരം എന്ന് വെച്ചാൽ പതിനായിരം വർഷം ഒന്നും രണ്ടും വർഷമാണ് നിർവികല്പസമാധിന എടുത്തു പറയും അവിടെ എന്ത് സമാധി ആയിരുന്നു നിർവികൽപ്പ സമാധി അപ്പൊ ചോദിക്കരുത് എന്താണോ പതിനായിരം വർഷം ഒരാൾക്ക് ജീവിച്ചിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കരുത് കഥയാണ് കഥയില് പതിനായിരമോ ഒരു ലക്ഷമോ ഒരു കല്പമോ അപ്പൊ മനുഷ്യന് ജീവിച്ചിരിക്കാം ശരിക്കുമുള്ള മനുഷ്യ ജീവിതത്തിൽ അതൊന്നും സാധിക്കില്ല അങ്ങേറ്റം പോയ ൂറ് പതിനഞ്ച് ഇന്ന് വരെയുള്ള കണക്കനുസരിച്ച് ചിലപ്പോ ഒരു നൂറ്റി ഇരുപത് വർഷം പോയെന്നിരിക്കും പിന്നെ എന്തുകൊണ്ട് ജീവിച്ചിരിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ലിവറും ഹാർട്ടും ബ്രെയിനും കിഡ്നിയും എല്ലാം ഉപയോഗിച്ചു അതുകൊണ്ടാണ് പറ്റാത്തത് അതൊന്നും പിന്നെ പ്രവർത്തിക്കാൻ കഴിയാതെയാവും പരമാവധി അത്രയും പറ്റും ഒരു മനുഷ്യന് ആയുസ് എന്ന് പറയുന്ന അത്രയ്ക്ക് അഥാപൂർവമാണ് അത്രയ്ക്ക് എൻറ്റും പതിനഞ്ചു വരെയൊക്കെ ജീവിച്ചിരിക്കുക എന്ന് വളരെ വളരെ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പഴയ കാലത്ത് അവരെ എന്നെ പറഞ്ഞ ശതായ വൈ പുരുഷ വയസ്സ് നല്ല വലിയ കാര്യമാണ് അത്രയും അങ്ങനെ അതോ ഒരു മനുഷ്യരുടെ ഇന്നത്തെ ഇതനുസരിച്ച് മരിച്ചേ പറ്റും പക്ഷെ ഇപ്പൊ സയൻസ് പറയുന്നത് കുറച്ചു കാലം കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഇരുന്നൂറ് വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നു ജനറ്റിക്കൽ എൻജിനീയറിങ്ങിലൂടെ നമ്മുടെ ജീൻസിനെല്ലാം വ്യത്യാസം വരുന്ന അങ്ങനെ ജീവിച്ചിരിക്കുന്നു യോഗം കൊണ്ടല്ല സയൻസും എന്ന് പറയുന്നു അതിന് സാധ്യതയുണ്ട് കാരണം അങ്ങനെയാണ് ഇപ്പൊ മനുഷ്യൻ അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്രത്തിന്റെ പോക്ക് എങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യന് പത്നിയുടെ കിഡ്നി എടുത്തു വെച്ച അയാള് സുഖാണ്ടി ജീവിച്ചിരുന്നു പോയി കഴിഞ്ഞാൽ കുറച്ചു കഴിയുമ്പോ എന്തായാലും നമ്മുടെ ഓരോ അവയവങ്ങളും പട്ടീന്ന് പൂച്ചയിൽ നിന്നും ഒക്കെ എടുത്ത് വയ്ക്കാമെന്നു ഏ ബ്രെയിനും താമസിക്കാതെ അതും മാറ്റി വെക്കും മാറ്റി വെച്ചു കഴിഞ്ഞാ പിന്നെ എളുപ്പമൊന്നും ചാകുന്നില്ല അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കും അതും ഇരുന്നൂര് മനുഷ്യനെ സംഘർപ്പിക്കാനും ഒരു പന്നിയുടെ കെട്ടിയെടുത്ത് വെച്ച് ജീവിച്ച് ചെയ്യാൻ അത് പലതവണ നടത്തി പരാജയപ്പെട്ട് അവസാനം എന്തെയ്യുന്നു ആ പന്നിയുടെ തന്നെ ജയിലില് വ്യത്യാസം വരുത്തി മനുഷ്യന്റെ ശരീരത്തിന് ഉപയോഗയോഗ്യമാക്കി അതിനങ്ങോട്ട് വിജയം മനുഷ്യൻ ജീവിക്കും എത്ര ദിവസം ജീവിച്ചിരിക്കുമെന്ന് അറിയത്തില്ല ഒരു ദിവസം ജീവിച്ചാൽ തന്നെ അന്ന് തന്നെ നേട്ടമാണ് ശാസ്ത്രത്തെ സംബന്ധിച്ച് കാരണം പിന്നെ അത് പത്ത് ദിവസമാകും നൂറ് ദിവസമാകും ഇരുനൂറ് ദിവസമാകും അങ്ങനെ കൂടി കുടിക്കും അപ്പം മറ്റ് ജീവികളുമായിട്ടുള്ള മനുഷ്യന്റെ അവയവങ്ങളെ ശാസ്ത്രത്തിന് അതൊക്കെ സാധിക്കും ഈ പറയുന്ന ഒരു കാലം സംഭവിച്ചു സാധിച്ചെന്നിരിക്കുന്നു അല്ലാതെ ഇതൊന്നും സാധിക്കുന്ന കാര്യം പഴയകാലത്ത് ഒരിക്കലും ഇതൊന്നും നടക്കത്തില്ല കാരണം ഈ പറയുന്ന ശാസ്ത്രമൊക്കെ ഒരു ശൈശവസ്ഥ അതുകൊണ്ട് ഇതൊന്നും നടക്കുന്ന കാര്യം പതിനായിരം വർഷം കൂടി അർത്ഥവാ ശുദ്ധിപരമായി പറയാനും അത് എന്താണ് പുഷ്പവക വിമാനം എന്നൊക്കെ പറഞ്ഞതുപോലെ ഭാവനകളും വേറൊരു യാതൊരു യാഥാർത്ഥ്യമാണ് കാരണം നമ്മൾ സയൻസ് ഉണ്ടായിരുന്നു അതൊക്കെ സംഭവിക്കുന്നത് സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാത്ത അവിടെ ഇരുന്നേന് സമാധി നിർമ്മികൽപ്പ സമാധി അതുകൊണ്ടാണ് പറഞ്ഞത് ഭാഷകാരന് അംഗീകരിക്കാത്ത കാര്യമാണ് ഏ ആ യോഗിയുടെ ഈ കഥയൊക്കെ പറയുന്ന കഥയാണ് കഥയാണ് ഇതാണെങ്കിൽ ഒരുപാട് കാർട്ടൂണുകളിൽ അതുപോലുള്ള ഒരുപാട് യോഗികളും ഒരുപാട് അത്ഭുത മനുഷ്യരും പണ്ഡിത പുരാണങ്ങളിലായിരുന്നു ഏ ആ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അത്ഭുതങ്ങളൊക്കെ കണ്ട് പുരാണങ്ങളിലുണ്ടായിരുന്നു ഇന്ന് ഇന്നതൊക്കെ ആസ്വദിക്കുന്നത് ചെറിയ കുട്ടികളാണ് അവരാണ് ഈ യോഗികളുടെ കഥകളൊക്കെ വായിച്ച് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെയൊക്കെ ഹീറോ ആയിരുന്നു മാന്ത്രികനായ മാന്ഡ്രി ഫാൻഡം ഇന്ന് അവരൊക്കെ പോയി ഇത് പുതിയ പണ്ടെന്ന് പറയുന്ന വേണ്ടിയിട്ട് പേരൊന്നും പിടിക്കിട്ടുന്നില്ല അവർക്ക് പുതിയ പുതിയ ഹീറോകളാണ് പഴയ ആൾക്കാരുടെ ഹീറോകളാണ് ഈ പറയുന്നത് യോഗികളൊക്കെ അതുപോലെ ഭാവനകൾ കൊണ്ടുണ്ടാക്കിയത് മനുഷ്യ ശരീരത്തിന് സ്വാഭാവികമായ വളർച്ച നമ്മൾ കാണുന്നു പരിണാമം മനസ്സിലായിരുന്നു അത് വെച്ചാണ് എന്താ സംഭവിക്കുന്നത് നോക്കുക ഒരു ശിശു ജനിക്കുന്നു ജനിച്ചു കഴിഞ്ഞാൽ ശിശുവായിരിക്കാൻ പറ്റത്തില്ല എന്റെ പരിണാമം എന്താണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ സംഭവിക്കുന്നു പുറത്തു വരുന്നു അത് പ്രദീക്ഷണം പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് പരിണമിക്കുകയാണെങ്കിൽ അത് നശിക്കും അതെന്താണ് നശിയ മതിയാവും അത് യുവാവസ്ഥയിൽ വരും വാർദ്ധക്യത്തിൽ വരും പിന്നെ മരിക്കും പക്ഷെ മനുഷ്യരുടെ സ്വപ്നങ്ങൾ ഭാവനകളും ഉണ്ടെന്താണെന്ന് യുവാവസ്ഥ ഞാൻ എന്ത് യുവാവായി ഇങ്ങനെ ഇരിക്കുന്നു ആ ഭാവനയിലാണ് ഈ പതിനായിരം വർഷമൊക്കെ ഇരിക്കുമെന്ന് പറഞ്ഞു ജനിക്കുമ്പം തന്നെ ബാലനായി ജനിച്ചോന്ന ശരീരം പരിണാമത്തിന് വിധേയമായി തന്നെ ഇരുപയോഗിക്കും ഭരിക്കില്ല യാതൊരു മനസ്സിലാവി സയൻസിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ മനസ്സിലും ശരീരത്തിന്റെ സ്വഭാവമാണ് ചില ആൾക്കാർ വലുതെ അത് ഓരോരോ ഇത് കണ്ടിട്ടാണോ ചില മത്സ്യങ്ങളുണ്ട് മണ്ണിന്റെ അടി വർഷങ്ങളോളം ഇരിക്കും കനങ്ങാതിരിക്കും മഞ്ഞിൽ താമസിക്കുന്ന ഹിമ കരടികൾ വർഷങ്ങളോളം കോഴിക്കാത്ത കിടക്കും അതൊക്കെ പരിണാമത്തിൽ ആ ജീവികൾക്ക് ശ്രദ്ധിച്ച സംശയ എഴുതാണോ മനുഷ്യന് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് മനുഷ്യന് വരത്തില്ല അവരങ്ങനെ നമുക്കും അങ്ങനെ പ്രാണനേക്കം നിരോധിച്ച് വർഷങ്ങളോളം ഇരിക്കാമെന്നൊക്കെ പറയുന്ന വെറും ഭാവനയുണ്ട് എന്തുകൊണ്ട് പരിണാമഘടന നമ്മുടെ ശരീരം വേറെയാണ് പന്നിയുടെ അതുകൊണ്ടൊരിക്കലും നമുക്ക് പന്നിയാകാനോ മത്സ്യമാകാനോ അവയ്ക്ക് നമ്മളാകാനൊന്നും പറ്റത്തില്ല ഇത് മ്യൂട്ടേഷനും കൊണ്ട് സംഭവിച്ചാൽ നമ്മുടെ ജീനുകളുടെ മനുഷ്യ ശരീരം നമ്മൾ ജീനുകളുടെ സാദൃശ്യം നമ്മളുള്ള ഒരുപാട് ജീനുകൾ അതിന് വളരെയധികം ഉണ്ട് ചിലടത്ത് എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം വരെ ഉണ്ടെങ്കിൽ തന്നെയും പണ്ടെന്നൊരുപാട് വ്യത്യാസമുണ്ട് അതുകൊണ്ട് അങ്ങനെ ചില പ്രാണികളൊക്കെ ഇരിക്കുന്നു യോഗത്തിന്റെ പുസ്തകങ്ങളൊക്കെ എഴുതി വയ്ക്കും അങ്ങ് ഓരോ മനുഷ്യനും അങ്ങനെ ഇരിക്കാം എന്നൊക്കെ പറയും ഒരു അബദ്ധമാണ് നമ്മൾ ആദ്യം ബേസിക്കായിട്ട് ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കി വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് പരിണാമശാസ്ത്രം ഈ ശാസ്ത്രലോകം പൂർണ്ണമായും അംഗീകരിച്ച ഒന്നാണ് മനുഷ്യൻ എന്താണ് അജീവ പരിണാമത്തിലൂടെ സംഭവിച്ച ഒന്നാണ് അപ്പൊ നമ്മൾ കാണുന്നതെല്ലാം നമ്മുടെ പരിണാമത്തിന്റെ സവിശേഷതകളാണ് അതിൽ പെട്ടെന്നൊരു മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു നമ്മുടെ ശരീരത്തെ മാറ്റാനോ ആൾക്കാർ വരുന്ന ഒരു ദിവ്യമായ ശരീരം തേജ അതൊന്നും സാധിക്കുന്നതായിരിക്കും ഈ കഥകളല്ലേ ഉള്ളൂ നമ്മൾ നോക്കുക നമ്മുടെ അറിയപ്പെട്ട മനുഷ്യൻ വ്യക്തമായി ചരിത്രം എഴുതാൻ തുടങ്ങിയതിനു ശേഷം നമ്മൾ അറിയപ്പെട്ട എല്ലാ രോഗികളും ചത്തുപോയി ആകാശത്തൂടെ പറന്നു എന്നൊക്കെ പറഞ്ഞവരല്ല എല്ലാവരുടെയും ശരീരത്തിന് രോഗം പിടിപൊട്ടു എല്ലാവരും മരിച്ചു എന്തുകൊണ്ട് അതാണ് ഭരണവിശ്വാസം പറയുന്നത് എല്ലാവർക്കും അങ്ങനെ ദിവ്യമായ ശരീരത്തോടുകൂടി ജനിക്കാനും പറ്റത്തില്ല ജീവിച്ചിരിക്കാനും മരിച്ചേ പറ്റില്ല ശരീരത്തിന്റെ എല്ലാ പരിണാമങ്ങൾക്കും നമ്മൾ വിധേയമായും എത്തുക കാരണം നമ്മളെല്ലാം ഉണ്ടായി എന്നത് ജീവപരിണാമത്തിലൂടെയാണ് ബാക്കി നമ്മുടെ പുരാണങ്ങളിൽ പറയുന്ന പൊട്ടകഥകളൊക്കെ ആൾക്കാർ വിശ്വസിച്ചാണ് ഈ പറയുന്നത് അല്ലെങ്കിൽ മണ്ണ് കുഴച്ച മനുഷ്യനെ ഉണ്ടാക്കി ആണിന്റെ വാരിയിലടത്ത് പെണ്ണിനെ ഉണ്ടാക്കി ഇതുപോലെയുള്ള പൊട്ടകഥകളിവിടെയും ഉണ്ടെന്ന് പറയുന്നത് പുരാണങ്ങളിൽ ഇതൊക്കെ അർത്ഥമാണ് അതിനെയൊക്കെ നമ്മൾ പരിഹസിക്കുമ്പോൾ അതൊരു വലിയ പൊട്ടൊക്കെ എവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ പുരാണത്തിൽ ഇതൊക്കെ അസംബന്ധമാണ് ദൈവപെരുമം എന്ന് പറയുന്നത് വളരെ ശരിയായ രീതി മനസ്സിലാക്കിയ നമ്മുടെ ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്നും വലിയൊരളവരം നമുക്ക് മോചിക്കാം എല്ലാ മനുഷ്യ ശരീരവും ഒന്നുപോലെ ഒരു ശരീരത്തിനും മറ്റൊരു ശരീരത്തെ അപേക്ഷിച്ച് ഒരു വ്യത്യാസവും വരുന്നു വരുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നു അവർ ജീവിക്കുന്ന സാഹചര്യങ്ങൾ വരുന്ന ചിലര് വളർത്തിരിക്കും ചിലർ കളു ഏട്ടില്ല അത് നമുക്ക് ചില മനുഷ്യന് നമ്മുടെ എന്താണ് ശാസ്ത്രങ്ങളിലൊക്കെ പറയുന്നത് പ്രജ്ഞസ്വതന്ത്രമാണെന്നാണ് ബോധം സ്വതന്ത്രമാണ് അങ്ങനെയാണ് നമ്മുടെ യദ്വൈതത്തിലൊക്കെ പറയും എന്നാൽ ആധുനിക ശാസ്ത്രം അത് അംഗീകരിക്കുന്നു അത് പറയുന്ന ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു വ്യത്യാസം നമ്മുടെ തത്വചിന്തയില് അത് സ്വതന്ത്രമാണ് ശങ്കരാചാര്യെന്നും പറയുന്നുണ്ട് എനിക്കിതൊക്കെ പറയാൻ പറ്റും അതായത് ഇതൊക്കെ ആധികാരികമായ അഭിപ്രായം പറയാൻ അതിനപ്പുറം പറയാൻ എനിക്ക് കഴിയത്തില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ ആധികാരികമാകത്തു എന്ന് എനിക്ക് നല്ല എന്റെ അറിവില്ലായാലേക്കുറിച്ച് എനിക്ക് എന്റെ അറിയിനേക്കാളും കൂടുതലും ബോധ്യമുണ്ട് അതുകൊണ്ട് ഞാനൊരു കാര്യത്തിലും ആധികാരികമായ ഒരു അഭിപ്രായം പറയുന്നു ഞാൻ പറയുന്നുണ്ടെങ്കിൽ എന്തായാലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാം അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന അവസാനത്തെ അറിവാണ് എന്ന് നിങ്ങൾ ധരിച്ചത് ശാസ്ത്രങ്ങളിൽ ഇങ്ങനെ പറയുന്നത് സയൻസ് എന്ന് പറയുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി അത് പോപ്പുലർ സയൻസ് അതൊക്കെ എനിക്ക് പറയാൻ നീക്കാരികത്തിലൊന്നും എനിക്കെന്തെങ്കിലും ദിവ്യമായ എന്തെങ്കിലും ഒരു അറിവുണ്ട് വഴിപാടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ തോന്നി ഞാൻ ഇവിടെ പോയി കുളികളും ഞാൻ ഒട്ടും പോയി ക അങ്ങനെ തോന്നിയിട്ടില്ല തോന്നിയാൽ ഞാൻ ഉടനെ അഡ്മിറ്റാകും അല്ലെങ്കിൽ നിങ്ങള് കൊണ്ടുപോയി അഡ്മിറ്റാകും എനിക്ക് എന്തെങ്കിലും വഴിപാടുണ്ടോ ഇത്രയൊക്കെ ഉള്ളതിൽ ഉണ്ടായി ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നെങ്കിൽ ഞാൻ ഈ പറയുന്ന നിങ്ങൾ നിങ്ങൾ ബസ് മാസിക്കുന്നു ഇവിടെ പോയി പ്രതികൾക്ക് സമാധി എന്ന് പറയുന്നത് വാട്ടികാരും പറഞ്ഞില്ല ഇദ്ദേഹം കൊണ്ടുവന്നാണ് അതെങ്കിലും മറ്റ് ശാസ്ത്രജ്ഞർ പറഞ്ഞിരിക്കാം പ്രത്യേകിച്ച് കാശ്മീരി സർവീസ് അതിൽ നിന്നൊക്കെയാണ് ഇദ്ദേഹം കുറെ ഇടത്ത് എൻ്റെ വിജ്ഞാനവാദം അതിൽ നിന്നൊക്കെ അതിൽ നിന്ന് കുറേ ശൂന്യവാദം കാശ്മീരി സർവീസ് എല്ലാം കൂടെ ചേർത്തത് ഒരു മിക്സാണ് അപ്പോ അവിടെ നിന്നൊക്കെ കൊണ്ട് കടന്നു വന്ന അപ്പോ എന്തേതു ദശവർഷ സഹസ്രാണി നിലവിൽ ഉള്ള സമാധിന അസ്തിത്വ അങ്ങനെ നിലവിലുള്ള സമാധി അസോ ശിവരൻ ആത്മനി ശാമാൻ്റെ ഉപശമിച്ചു ശമുശമിച്ചു വെച്ചു കഴിഞ്ഞാൽ എന്താണ് ചിത്തം അദ്ദേഹത്തിന് തന്റെ ആഗ്രഹം ഉണ്ടായാലും ചിത്തം വിനയിക്കണം ശശാമാൻ്റെ ചിത്തം വിനയിച്ചു സമാധിയിലായാലും ചിത്തമില്ല അവിടെ മനസ്സില്ല എന്റെ പരമമായ അവസ്ഥ മനസ്സുകൂടി ഇല്ലാതാവുമ്പോഴാണ് എൻ്റെ കല്പം മനസ്സുള്ളപ്പോഴാണ് സവികല്പം അവിടെ മനസ്സും പോകുന്നു ആത്മാവ് മാത്രമേ ഉള്ളു പിന്നെ വേറെ ഒന്നുമില്ല ശശാമനം കഴിഞ്ഞാൽ തന്നെ ലയിക്കാൻ പറ്റില്ലല്ലോ ലയിക്കാൻ ആത്മാവ് നയിക്കില്ലല്ലോ തന്നശമിച്ചു എന്നാൽ ദസാധാരണ ഇങ്ങനെയൊക്കെയെന്ന് പറയാൻ പറ്റുള്ളൂ ഭാഷയുടെ പരിമിതിയാണ് അതൊക്കെ എന്താണ് ആത്മാവിനോട്ട് ലയിച്ചോ ആത്മാവിനൊന്നും ലയിക്കുന്നുമില്ല ആത്മാവിനൊന്നുണ്ടാവുന്നുമില്ല പിന്നെ ആത്മാവ് മാത്രമായി ശ്രദ്ധേയ പിന്നെ മനസ്സ് ലയിച്ചു എവിടെ ലയിച്ചു മനസ്സ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ സാങ്ക്യന്മാരുടെ അടുത്ത് പോകണ്ട അദ്വൈതത്തിൽ അതിനൊന്നും മറുപടി ആ അങ്ങനെ ഇല്ല സാങ്ക്യന്മാരെ സംബന്ധിച്ചിടത്തോളം മനസ്സിനെ ലയിക്കാനൊരു സ്ഥാനം എന്താണ് പ്രകൃതി സത്യമാണ് അത് ലയിച്ച് പ്രകൃതി അവിടെ ഇല്ല അദ്വൈതയെ സംബന്ധിച്ചിടത്തോളം ലയിക്കാനൊരു സ്ഥലമേ ഇല്ല ആത്മാവിനൊന്നും ലയിക്കത്തിൽ തരവികാരമാണ് പിന്നെ ഈ മായ അത്യാണ് അതിന്റെ ഇല്ല മൂന്ന് കാലങ്ങളിൽ ഉണ്ടാക്കുന്ന പിന്നെ ഇതൊക്കെ എവിടെ ലയിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ വിഷമിക്കും ശരി ഇത്തരം പറയാൻ പറ്റില്ല സിദ്ധാന്തമുദ്ധാന് പിന്നെന്താണ് കേവലം ആത്മാവായി നിന്നു എന്ന് പറഞ്ഞാൽ ചോദ്യം എപ്പോഴും കേവലം ആത്മാവ് എപ്പോഴും കേവല ആത്മാവാണ് എന്റെ പ്രത്യേകിച്ചെന്ന കേവലം ആത്മാവായിരിക്കുക എന്നുള്ളത് അത് ഭാഷകാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്വപ്നം അവിടെ എന്തൊക്കെ സംഭവിച്ചാലും ആത്മാവിൽ നിന്നും സംഭവിക്കുന്നു ഇതുകൊണ്ട് സ്വപ്നം എന്ന് പറയുന്നത് ഇല്ലാത്ത അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നു ജാഗ്രതോ ജാഗ്രതോ അതുപോലെ തന്നെ എന്തുകൊണ്ട് തത്യത ദൃശ്യം അവൻ സങ്കല്പിച്ചു എന്നാണ് സ്വപ്ന സങ്കല്പവാണെങ്കിൽ ജാഗ്രത സങ്കല്പമാണ് ജാഗ്രത എന്താണ് സ്വപ്നം പോലെ തന്നെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല ആത്മാവ് സ്വരൂപസ്ഥിതനാണ് ജാഗ്രത സ്വപ്നത്തിന് പിന്നെ രണ്ടത്തെ വ്യത്യാസവും വ്യത്യാസം സ്വപ്ന സങ്കല്പമാണെങ്കി അതുപോലെ തന്നെ ജാഗ്രത സങ്കല്പമാണ് ഇ ജാഗ സത്യമാണെങ്കിലോ പറയുന്നു വഴിയൊരു സ്വപ്നവും സത്യമാണ് സന്തോഷം ജാഗ്രത സത്യമാണെന്ന് പറയുകയാണെങ്കിൽ ഏത് രീതിയിൽ നിങ്ങൾ ജാഗ്രത സത്യം എന്ന് പറയുന്നു അതുപോലെ തന്നെ സ്വപ്നത്തെയും സത്യം എന്ന് പറയുന്നത് സ്വപ്നത്തെ നിങ്ങൾ അസത്യം എന്ന് പറയുകയാണെങ്കിൽ ആത്മാവ് എപ്പോഴും സ്വരൂപസ്ഥിതിയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് പോയി നയിക്കേണ്ട ആവശ്യമുണ്ട് അങ്ങനെയുള്ള ഒരു പരിപാടിയുണ്ട് ഇതാണ് ഭാഷകാരൻ പറയുന്നത് സ്വപ്നം വിദ്യ അല്ല എന്ന് തർപ്പിച്ച് പറയുന്നു ചരണം സ്വപ്നം വിദ്യയെ അല്ല സ്വപ്നം വിദ്യ എന്ന് പറയുന്നത് നിങ്ങൾ ജാഗ്രതനപേക്ഷ പറയുന്നു ജാഗ്രത വന്ന് അത് ബാധിക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ സ്വപ്നത്തിൽ ജാഗ്രത ബാധിതമാണ് ജാഗ്രതം എന്താണ് വിദ്യ പിന്നെ സ്വപ്നത്തിനെല്ലാം അനുഭവപ്പെടുന്നത് എന്താണ് സത്തായിട്ട് അപ്പൊ സത്തൊരിക്കലും അസത്യമാകത്തില്ല അപ്പൊ എന്താണ് സ്വപ്നം സത്താ പിന്നെ സ്വപ്നത്തിൽ എന്തിനാണ് പിന്നെ സ്വപ്നത്തിൽ നിങ്ങൾ എങ്ങനെയാണ് മിഥ്യ എന്ന് പറയുന്നത് വിശേഷാധാരങ്ങൾ റാന കുതിര ഇങ്ങനെയൊക്കെ ചില ആകാരങ്ങൾ കാണുന്നുണ്ടെന്ന് അതിനിടെ നിങ്ങൾ മിഥ്യങ്ങളിൽ കുടിക്കുന്നു വാസ്തവത്തിൽ എന്താണ് സ്വപ്നം എന്ന് പറയുന്നത് പരമാർത്ഥ സത്ത് തന്നെയാണ് ആ സ്വപ്നവത്തെന്ന് പറയുന്നത് വേറൊരു പ്രക്രിയ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സ്വപ്നവത്ത് ഞാൻ പറയുന്നത് ഞാനീ പറഞ്ഞ രീതിയിലും ഭാഷ്യകാലം പറഞ്ഞിട്ടുണ്ടെന്നാണ് മറ്റൊന്നും പറഞ്ഞിട്ടുണ്ട് എപ്പോഴും എന്തു ജാഗ്രത വിധിയാണെന്ന് കാണിക്കാൻ വേണ്ടി സ്വപ്നത്തിന് ഉദാഹരണമായിട്ട് എടുത്ത് പറഞ്ഞിട്ട് സ്വപ്നം വിധിയാണെന്ന് പറയുന്നു ഇത് സാറിന് പറഞ്ഞു വരുന്നില്ല ഞാനത് ഇങ്ങനെ ഭാഷ്യകാലം പറഞ്ഞിട്ടുണ്ടെന്നാണ് സ്വപ്ന സത്യമാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് സ്വപ്നം അങ്ങനെ അനുഭവപ്പെടുന്നു സ്വപ്നത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പം സത്തായി അപ്പം അത് സത്താണ് നിങ്ങൾ കാണുന്നത് പിന്നെ നിങ്ങൾ അസത്യം അസത്യം എന്ന് പറയുന്നത് എന്താണ് അതിന് ചില പ്രത്യേക രൂപങ്ങൾ കാണുന്നില്ലേ എന്താണോ ആനയുടെ കുതിരയുടെ ആകാരങ്ങൾ അതിൽ അസത്യം പോയി അതാ സ്വപ്നം അസത്യം അല്ല സ്വപ്ന സത്യം തന്നെയാണെന്ന് പറയുന്നതും ആരാണ് ഭാഷകാരൻ തന്നെ ഭാഷ മറന്നുപോയി അപ്പോ എന്താണ് സത്യം മാത്രമേ ഉള്ളൂ വ്യാഗ്രത്തിനും സത്യം സ്വപ്നത്തിന് സത്യം സുഹൃത്തിനും സത്യം സത്യം മാത്രമേ ഉള്ളൂ എങ്കിൽ ഒരാൾ സ്വരൂപസ്ഥിതനാണ് അതിനുവേണ്ടി പിന്നെ സമയം എന്താണ് സമാധി പോകേണ്ട യാതൊരു എന്ന് പറയുന്ന ഭാഷകാലം തന്നെയാണ് എല്ലാം പറയും അപ്പോ സ്വപ്നം അസത്യമാണ് അങ്ങനെ പല പറയുന്നുണ്ട് പിന്നെ സ്വപ്നത്തെ അസത്യമായി സ്വീകരിച്ചുകൊണ്ട് ജാഗ്രത അസത്യം എന്ന് പറഞ്ഞത് ഭാഷകാരനാണ് അത് പറഞ്ഞത് ക്ഷണികവിജ്ഞാനവാദികളാണ് ക്ഷണികവിജ്ഞാനവാദികളാണെന്ന് പറഞ്ഞത് എന്താണ് ഈ കാണുന്നതെല്ലാം എന്താണ് സ്വപ്നം പോലെ അസത്യമാണ് ആ ക്ഷണികവിജ്ഞാനവാദികൾ പറഞ്ഞാൽ അതുപോലെ എടുത്ത് ഒരു പുതിയ സിദ്ധാന്തം ഉണ്ടാക്കിയതാണ് പക്ഷികാലത്ത് കുറച്ചുകൂടെ കൂട്ടിച്ചേർത്തു അത് മാത്രമാണ് പക്ഷെ ആശയം പറഞ്ഞ ആരാണ് ക്ഷേമ വിജ്ഞാനവാദികളാണെന്ന് പറഞ്ഞത് ബൗദ്ധന്മാരാണ് പറഞ്ഞത് ഈ കാണുന്ന ഇതെല്ലാം വിജ്ഞാനം മാത്രമാണ് വിജ്ഞാനങ്ങളിൽ വേർട്ടൊന്നുമില്ല ഏതുപോലെ സ്വപ്നത്തിൽ കാണുന്നതെല്ലാം വിജ്ഞാനം മാത്രമാണ് ഇത് ഭാഷകാരൻ വളരെയധികം ഇഷ്ടപ്പെട്ടു ഉള്ളാർന്നൊ അതിന്റെ ഒരു പേരൊക്കെ എന്താണ് ക്ഷണിക വിജ്ഞാനം എന്നുള്ള പേര് മാറ്റിയിട്ട് ഏതും കണ്ടുപിടിച്ചത് അതിന് മുമ്പത്തേക്ക് പറയാൻ പറഞ്ഞതായിട്ട് ചരിത്രമന്മാരുടെ പണിയാണ് ഊരി കൊണ്ടുപോയത് വേറെ ആൾക്കാർ ജോലി ചെയ്തത് ബൗദ്ധന്മാര് തന്നെ ഇത് കണ്ടുപിടിച്ചത് ക്ഷണികളും ജ്ഞാനം സഹോപലംപനീയം ഭാഷകാരൻ പിന്നെ എന്തു ചെയ്യുന്നു അവര് പറഞ്ഞ കണ്ടിച്ചു പക്ഷെ ഭാഷകാരനും പറഞ്ഞു ഇതെല്ലാം എന്താണ് ബോധത്തിന്റെ കാഴ്ചയാണിതെല്ലാം അതെന്താ സ്വീകരിക്കും ഒരു ചെറിയ വ്യത്യാസം വരുത്തി എന്താണ് എന്താ വ്യത്യാസം വരുത്തി ഒരു ചെറിയ വ്യത്യാസം ഒരു വാക്കു മാറ്റി ക്ഷണികം എന്നുള്ളത് നിത്യം ഇതാണ് ബുദ്ധിമാന്മാർ അവര് ക്ഷണികവും പറഞ്ഞത് നിത്യം ഒന്നും ഇനി ഭാഷകാലം തന്നെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ ക്ഷണികമാണെന്നു അത് പറഞ്ഞിട്ടുണ്ട് ഈ സംസാരം പറഞ്ഞതുപോലെ നമ്മൾ ഭാഷ്യനുസരിച്ച് ഓർമ്മന്മാര് പറഞ്ഞ പോലെ ഭാഷകാലം പറഞ്ഞ് ഈ സംസാരം ക്ഷണികമാണ് ഏതുപോലെ ക്ഷണികം ഒഴുകുന്ന പുഴ പോലെ ക്ഷണികൾ പറഞ്ഞ അതുപോലെ ഇത് ക്ഷണികമാണ് ഇന്ന് ഒന്നുകൂടെ പറഞ്ഞെന്താണോ ദീപനാളം പോലെ ഇത് ക്ഷണികമാണെന്നോ സംസാരം ഒഴുകുന്ന പുഴ പോലെയും ദീപ നാളം പോലെയും ക്ഷണികമാണെന്നും പാഷുകാരൻ പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും പാഷിധാരനെന്തെയും മനസ്സിനും ബാക്കിലും എത്താത്ത നിത്യമായ ഒരു ബ്രഹ്മത്തെ കൂടെ വളരെ പ്രൊട്ടക്ട് ചെയ്ത് വയ്ക്കും എന്നിട്ടാണ് ഈ പറയുന്നതെല്ലാം അതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് എന്ത് വേണോ പറയാം ബൗദ്ധന്മാർ പറയുന്ന എന്താണ് അന്തഹ ബഹിർബദ് ഉള്ളിലുള്ളത് പുറമേ പോലെ കാണുകയാണ് പറയുന്നത് എന്നാണ് ബോദ്ധന്മാർ പറയുന്നത് ഭാഷകാരം പറയുന്നത് എന്താണ് ആന്തര ഏവ ബാഹ്യാഹ ബാഹ്യ ഏവ ആന്തര ഇത് ഭാഷകാരം പറഞ്ഞിട്ടുള്ളതാണ് ചന്തോന്നും ഓർമ്മയില്ലാത്ത എന്താ രണ്ട് ദുരന്തവ്യത്യാസം ഒരാൾ പറയുന്നു അന്തർ ബഹിർബത് ഉള്ളിലുള്ളത് പുറമേ പോലെ കാണുന്നു പക്ഷേ അവരെന്താ പറയുന്നത് അപ്പൊ ഇത് മുഴുവൻ ബൗദ്ധന്മാരിൽ നിന്ന് കിട്ടിയതാണ് അതിന് ഒരു ചെറിയ മോഡിഫിക്കേഷൻ അതെന്ത് അതുകൊണ്ട് അല്ലാതെ ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഈ പറയുന്ന ഇദ്ദേഹം ഒരുപോലെ നിന്ന് ിൽ നിന്നും കാശ്മീരി ശേഷിസിക്കുന്നു അവിടെ ഇവിടെ നോക്ക് കുറെ കൂട്ടിച്ചേർത്ത് പതഞ്ജലികളെ യോഗത്തിൽ നിന്നും എല്ലാം കൂട്ടിച്ചേർത്തും അദ്ദേഹത്തിന്റെ ചിന്താന്നുണ്ടാക്കി അവിടെ തന്നെ എല്ലാവരും ചെയ്യുന്നു എല്ലാവരും ഉപയോഗിക്കുന്ന എന്താണ് ഊഹവും അപ്പോ എല്ലാവരും